ഇസ്രായേൽ സന്തതികളിലേക്ക് ഒരു ദൂതനായും അവൻ അയക്കപ്പെടും അവൻ പറയും തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു ഞാൻ മണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കുകയും അതിൽ ഊതുകയും ചെയ്യുന്നു അള്ളാഹുസുബഹാനുഹൂവത്തയാലായുടെ അനുമതിയോടെ അത് പക്ഷിയായി മാറുന്നു അള്ളാഹുസുബഹാനുഹൂവയാലായുടെ അനുമതിയോടെ ഞാൻ ജന്മനാന്തനെയും കുഷ്ഠരോഗിയെയും സുഖപ്പെടുത്തുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഭക്ഷിക്കുന്നതും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കരുതി വച്ചിരിക്കുന്നതും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ തീർച്ചയായും ഇതിൽ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട്